സ്വവിവേകോട്ടി ശാസ്ത്രേ തേജസ്വാമേകളവൻ വിവേകമുള്ളവനാണ് ശാസ്ത്ര ശാസ്ത്രത്തിനും ജ്ഞാനത്തിനും തപസ്സ തപസ്സിനും ശ്രുതിയിലെ ശ്രുതിക്കും ഭാഗം അവകാശിയാവും അധികാരിക ഇതിലെല്ലാം പ്രവർത്തിക്കുന്നവന് തൻ്റേതായ വിവരങ്ങൾ മുദ്രയിൽ ശാസ്ത്രങ്ങൾ തന്നെ പലതും അത് ഏതാണ് തനിക്ക് പറ്റിയ ശാസ്ത്രം എന്ന് തെരഞ്ഞെടുക്കുന്നതിനുള്ള വിവേകം വേണം ശാസ്ത്രത്തെ മനസ്സിലാക്കുന്നതിനുള്ള വിവേകം വേണം ഒരു ശാസ്ത്രം അത് തനിക്ക് പറ്റിയതാവണമെന്നില്ല ചിലർക്ക് അദ്വൈതം പറ്റും ചിലർക്ക് ിഷ്ടാദ്വീതമായിരിക്കും ചിലർക്ക് ദ്വൈതമായിരിക്കും ചിലർക്ക് യോഗമായിരിക്കും അപ്പൊ തനിക്ക് പറ്റിയത് അവിടെയെല്ലാം വിവേകം എന്ന് പറയുന്ന ഏറ്റവും മുഖ്യമായൊരു കാര്യമാണ് ഏതൊരു സംബന്ധിച്ച് തന്റേതായ തിരിച്ചറിവ് ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് എല്ലായിടത്തും കാ ചില ഇവിടെ ചർച്ച ചെയ്ത് അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെടുത്ത് പറയുന്നത് ശാസ്ത്രത്തിനത് വേണ്ടതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞ് കേൾക്കുക വായിക്കുക മനസ്സിലാക്കുക അതിൻ്റെ പിറകെ പോവുക തന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളോ തനിക്ക് പറ്റിയതാണോ അല്ലെങ്കിൽ അതുതന്നെ ശരിയായ കാര്യങ്ങളാണോ അത് ബോധിപ്പിക്കുന്നത് ഇവിടെയൊക്കെ ആത്യന്തികമായി സവിവേക സ്വയം വിവേകമുള്ളതിനായി ഏത് പ്രവൃത്തിയിലായി എന്തുപദേശങ്ങൾ സ്വീകരിക്കുന്നവർക്കായി ഇവിടെ വാസ്തു ആവർത്തിച്ചു ആവർത്തിച്ചു സ്വന്തം വിവേകത്തെ മുൻനിർത്തി പ്രവർത്തിക്കുക സ്വന്തം വിവേകത്തെ മുൻനിർത്തി ചിന്തിക്കുക സ്വന്തം വിവേകത്തെ മുൻനിർത്തി സ്വീകരിക്കുക ത്യജിക്കുക എല്ലാം വിവേകമണേറ്റൊണ്ടെ പ്രത്യേകം പറയുന്ന മനുഷ്യൻ വളരെ വൈകാരികമായി തന്റെ ചുറ്റുപാടുകളോട് പ്രതികരിക്കുകയും ഗ്രഹിക്കുകയും ദേഹിക്കുക എന്ന ആവേശങ്ങൾ പെട്ടെന്ന് വരുന്ന മാനസികമായ ആവേശങ്ങൾ കൊണ്ട് ഓരോന്നിന്റെ പിറകുമോ അനുസാരണ ഭാഷയെക്കുറിച്ച് ഏത് വഴിയായാലും ചെറിയ വ്യക്തിചാട്ടം ഗുണം ചെയ്യപ്പെടുന്നു അവിടെ സ്വന്തം വിവേകം അവിടെ പ്രയോഗിക്കുന്നു സ്വന്തം ബുദ്ധി പ്രയോഗിക്കുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നയബുദ്ധി താൻ മറ്റുള്ളവരും നയിച്ചുകൊണ്ട് പോകുന്ന വഴിയെപ്പോൾ മൂഢനം സ്വന്തം വഴി സ്വയം തിരഞ്ഞെടുക്കാൻ കഴിയില്ലാത്ത പിന്നെ മറ്റുള്ളവർ നയിക്കുന്നിടത്തുമ്പോൾ ഈ രാഷ്ട്രീയത്തിലൊക്കെ കാണുന്ന അതാണ് ഓരോ നേതാക്കന്മാരുടെ അന്ധമായി ആരാധിക്കും അവർ പറയുന്ന അനുസരിച്ച് പാർട്ടിക്ക് വേണ്ടി മരിക്കും പാർട്ടിക്ക് വേണ്ടി ജീവിക്കും ഇതൊക്കെ മനുഷ്യന്റെ വിവേകമില്ലായ്മ ആ ചില അങ്ങനെയുണ്ട് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് വേണ്ടി അതവര് വിവേകം ഉപയോഗിക്കുന്നുണ്ട് എന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോന്നിന്റെ പുറകെ അങ്ങനെ പോകുന്നത് നേട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടി അധികാരത്തിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യർ ഓരോന്നിന്റെ പുറകെ അവിടെ അവർ വിവേകം ഉപയോഗിച്ച് തന്നെയാണ് ഈ വഴിക്ക് നീങ്ങിയാൽ തനിക്ക് ഗുണമുണ്ടാവും ചിലപ്പോൾ കഴിവുള്ളവൻ അതൊക്കെ നേടേണ്ടിരിക്കുകയും അതിനെക്കുറിച്ചല്ല ഇവിടെ പറയും ഇവിടെ പറയുന്നത് ഒരാൾ ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവിടെ സന്മാർഗത്തിൽ ഒരാൾ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഓരോ കാര്യങ്ങളിലും സ്വന്തം നിവേദത്തിൽ പ്രയോജനപ്പെടുത്തും അതിനുപയോഗിക്കൂ അതിനുള്ള മാത്രമേ അവനതിൽ വിജയിച്ചി ജീവിതം ഒടുവിൽ എന്തിനെങ്കിലുമൊക്കെ വിറകി പോയിട്ട് അവസാനം അവൻ തിരിച്ചറിവ് ഇതൊരു പരാജയമായിരുന്നു എന്നവർ തിരിച്ചറിഞ്ഞു ജീവിതം കൈവിട്ടുപോയി ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് പിന്നീട് വിലപിക്കും എന്തുകൊണ്ടാണ് വിവേകശൂന്യമായി അന്ധമായി എന്തിനെങ്കിലും എന്തുവരുമ്പോഴാണ് അത് സംഭവിച്ചത് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ആധ്യാത്മികമായ മാർഗത്തെ സ്വീകരിക്കുന്നവർ നിരാശപ്പെടാതിരിക്കണമെങ്കിൽ അവർ സ്വന്തം വിജയത്തെ ഉപയോഗിച്ച് തന്നെ ഒന്നിനെ സ്വീകരിക്കണം പിന്തുടരണം അവരുടെ വിജയി അത് ശാസ്ത്രത്തിന്റെ മാത്രമല്ല ഏതെല്ലാം തരത്തിലുള്ള ജ്ഞാന അറിവുണ്ടും അപ്പോ തന്റെ അറിവ് തന്റെ തെരഞ്ഞെടുപ്പായി അനന്തശാസ്ത്രം ബഹു വേദിതവ്യം അറിയാനാണെങ്കിലൂടെ ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട് വിഷയങ്ങളും ഒരുപാടാണ് വേദിതവ്യം അറിയേണ്ട വിഷയങ്ങളുടെ ഒരുപാടാണ് സാരഭൂതം എന്ന് പറഞ്ഞാൽ തനിക്കെന്താണ് ആവശ്യമുള്ളത് തന്റെ വഴി തന്റെ വിവയം കൊണ്ട് തീരുമാനിക്കാവുന്നതാണ് ഇത് പറയാറില്ലേ ആത്മനിർഭരത അതാണ് ആഗ്രഹിക്ക് വേണ്ടത് താൻ തന്നിൽ തന്നെ നിർഭരമായി തരാ അതിന് സഹായകമായി ബാക്കി എല്ലാത്തിനെയും സ്വീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെ വന്നുകഴിഞ്ഞാൽ നിരാശപ്പെടേണ്ടി വരും എങ്ങനെ നിരാശപ്പെടേണ്ടി തനിക്ക് പുറകെ ദീർഘകാലം സഞ്ചരിച്ചിട്ട് ജീവിതം നിഷ്പ്രയോജനമാണ് തിരിച്ച് കൊണ്ട് അറിവില്ല കാര്യം എന്തായനുസരിച്ച് സ്വന്തം വിവേകത്തെ ഉപയോഗിക്കുക ഇത് പറയും എല്ലാ മനുഷ്യർക്കും വിവേകമുണ്ടാകും എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയില്ല പക്ഷെ അവർക്കെന്താണ് അവസാനം നഷ്ടമായിരിക്കും ബാക്കി ഏതൊരു മനുഷ്യനാണോ തന്റെ ജീവിതത്തിൽ തന്റെ സ്വന്തം തെരഞ്ഞെടുക്കും വിവേകപൂർവ്വങ്ങളും മുന്നോട്ട് പോകുന്നവൻ മാത്രമേ വിജയിക്കത്തുള്ളൂ എവിടെയാണ് ശരി ആത്മീയമായി കൊള്ളട്ടെ ഭൗതികമായി കൊള്ളട്ടെ അല്ലെങ്കിൽ വെറുതെ കഴുതകളൊക്കെ ജീവിച്ചു മരിക്കും അത്രേയുള്ളൂ ശരി ജീവിച്ച് മരിക്കുന്നതിലെന്താ ദോഷം ഒരു ദോഷമുണ്ട് കഴുതയ്ക്ക് ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ അവസാനം നിരാശ ഇല്ല അവൻ അങ്ങനെ ഒന്നും നിരാശപ്പെടില്ല നിരാശയില്ലാന്ന് മനുഷ്യനങ്ങനെയല്ല അവനവസാനം നിരാശ ബാധിക്കും നിരാശ ബാധിച്ചതും മരിക്കുന്നത് പ്രശ്നമാണ് അതുകൊണ്ട് അവിടെയും വേണം അങ്ങനെ അറിവ് വേണം തപസ്സ തപസ്സെന്ന് പറയുന്ന എല്ലാ തരത്തിലുള്ള ആത്മീയമായ സാധനങ്ങളും അത് തനിക്കാവശ്യമെന്ന് പറയാതാന്ന് തിരിച്ചറിഞ്ഞ അത് പ്രയോജനം ണോ തനിക്ക് ഫിറ്റാകുന്നതാണോ അത് മാത്രം ചെയ്യുക മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന വേണ്ടിയിട്ട് അതിനനുകരിച്ച് മൂഢസ്വർഗ്ഗത്തിലൊന്നും ജീവിക്കാൻ പാടില്ല ഒരു കൊസ് കൊടുത്ത് വായിക്കുമ്പോൾ അവിടെ കുറഞ്ഞിരിക്കും കുണ്ടലിനിയെ ഉയർത്തുന്നതാണ് ഏറ്റവും വലിയ ഉടനെ കുണ്ടലിനിയെ ഉയർത്താം വേറെ ഒന്നും പറയുന്നില്ല അങ്ങനെയല്ല കുണ്ടലിനയർത്തുന്നത് വേദത്ത് പറയുമ്പോൾ അങ്ങനെ കുറേ ലഭിക്കുന്നതാണ് നല്ലത് വേർദ്ധത്ത് പറയുന്ന ധ്യാനിക്കുന്നതാണ് നല്ലത് ഇതേതെങ്കിലും തനിക്ക് പറ്റിയതാണ് വേദത്ത് പറയുകയല്ല ശാസ്ത്രം പഠിക്കുന്നതാണ് ഇതേതാ തനിക്ക് പറ്റിയതെന്ന് സ്വയം തിരിച്ചറിയാവുന്ന പ്രാഥമികമായ വിവേകം വരും അതെന്തായിരിക്കും അദ്വീതികൾ തന്നെ എന്താ പറയുന്നത് തുടക്കം പറയുന്ന എന്താണ് നിത്യാനിത്യവസ്തു വിവേകം അതുതന്നെയാണ് ബാക്കിയുള്ളത് കുറേ പറയുന്ന വിവേകത്തെ കുറിച്ചാണ് അത് അദ്വൈതത്തിന്റെ വഴി ആയിക്കോട്ടെ വിവേകത്തിലാണ് തുടങ്ങേണ്ടത് തിരിച്ചറിവ് തൻ്റെതായ തനിക്ക് പറ്റിയത് ഏതെങ്കിലും സ്വീകരിക്കാനും തനിക്ക് പറ്റിയതല്ലാത്ത ഏതെങ്കിലും തള്ളിക്കളയാനുമുള്ള വിവേകം ആ വിവേകമുണ്ടെങ്കിൽ വിവേകം കൊണ്ടുവരുന്ന മാനസിക ബലം ആ ബലം കൊണ്ടെ ഒരാൾ മുന്നോട്ട് പോകാൻ അതുകൊണ്ട് തപസ് സന്യാസം എന്ന് പറയുന്നത് തപസ്സാണ് പക്ഷെ പ്രശ്നം എന്താണ് നമ്മുടെ ഈ ജാസനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നവരും മനുഷ്യർക്കുന്നവർ ശരിക്കും പിടി കിട്ടാത്ത ഒരു കാര്യമാണ് എന്താണ് മനുഷ്യന്റെ മനസ്സ് അതാർക്കും പിടികിട്ടിട്ടില്ല എന്താ ഉള്ളത് ഓരോരുത്തർക്കും ഓരോ ജീവിതം പൊതു സ്വഭാവങ്ങൾ ഉണ്ടെങ്കിലും മനസ്സെല്ലാം വ്യക്തി നിഷ്ടമാണ് എല്ലാം തികച്ച് സ്വതന്ത്രമാണ് ഓരോ മനസ്സ് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മനസ്സറിയാം എന്നെ മനസ്സറിയാം എന്തുകൊണ്ടാത് മനസ്സ് വ്യത്യസ്തങ്ങളായതുകൊണ്ടാണ് മനസ്സൊതുപോലെ നിങ്ങളുടെ മനസ്സിലറിയാൻ പറ്റുമായിരുന്നു നിങ്ങൾക്ക് വഴിയില്ല ഞാൻ തുടർന്ന് പറയുക നിങ്ങൾക്ക് എന്റെ മനസ്സും അറിയാൻ പറ്റില്ല മനസ്സ് വ്യത്യസ്തങ്ങളാണ് അങ്ങനെയുള്ള മനസ്സിനെ മനുഷ്യൻ ഇതുപോലെ ശരിക്കും മനസ്സിലായി പിന്നെ എല്ലാവരും ശാസ്ത്രങ്ങളെ കഴുകി എന്ത് വച്ചിട്ടാണ് സ്വന്തം അനുഭവങ്ങൾ മുൻനിർത്തിയാണ് സ്വന്തം മനസ്സിനെ കുറിച്ചും മനസ്സിലാക്കിയവരുടെ തോണം വെച്ചാണെങ്കിൽ എഴുതുകയും ഇതൊക്കെ മറ്റുള്ളവർക്ക് ഹിറ്റായിക്കൊള്ളുമെന്ന് യാതൊരു നീങ്ങുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കരാചാര്യൻ പറയുകയാണ് ധനത്തിന്റെ അഭിമാനങ്ങൾ ദ്രോഹിച്ച് തപസിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ധനത്തിന്റെ അഭിമാനമുള്ള ഗ്രഹസ്ഥർ ധനം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കുന്നത് പരിപ്രായങ്ങളായി കഴിഞ്ഞാൽ ധനത്തിന്റെ അഭിമാന നിമിത്തമായ സുതുക്കങ്ങൾ പിന്നെ അയാൾക്കുണ്ടാകുന്നില്ല പരിപ്രായം തെറ്റാണോ രണ്ടുദാഹരണം പറയുന്നു മറ്റൊന്ന് പറയും കുണ്ടല വീതസ്യം കുണ്ടല അഭിമാന നിമിത്തം സുഖ ദുഃഖായികുണ്ടലെന്ന് പറയുന്നത് കാതിരിടുന്ന കടുക്കൻ ആ കടുക്കുള്ളവനെന്ത് നഷ്ടപ്പെട്ട അവന് സങ്കടമുണ്ട് പക്ഷെ പരിഭ്രാചകനും കുണ്ടലം ഇല്ല അതവൻ ഉപേക്ഷിച്ചു അപ്പൊ അത് നഷ്ടപ്പെടുന്നോണ്ട് അവന് ദുഃഖമില്ല ശരിയാവുമ്പോൾ കിട്ടും ഇത് ശരിയുണ്ട് എന്താണ് ഈ പറയുന്ന കാര്യം ശരിയാണ് സമ്പത്തിന്റെ അധികാരമുണ്ട് ഉദ്യോഗസ്ഥന് അത് നിമിത്തമായ സുഹൃത്വങ്ങളൊക്കെ ഉണ്ടാകും വരുവ്രചനം ചെയ്തവന സമ്പത്തില്ല അതിനിമിത്തമായിട്ടുള്ള സുഹൃത്വങ്ങളില്ല ശരിയാണ് അവൻ ദുഃഖിക്കേണ്ട കാര്യമുണ്ട് സമ്പത്ത് മാത്രല്ല ഭാഷകാരൻ പറയുന്നു ഭാര്യ പുത്രേഷു സകലേഷു വികലേഷ അഹമേവ സകല വികല ഭാര്യ പുത്രാജികളെല്ലാം സ്വസ്ഥമായി കേടുപാടുകളൊന്നും കൂടാതെ സന്തോഷമായിരുന്നു കഴിഞ്ഞാൽ തന്റെ സന്തോഷമാണെന്ന് കഴുകുന്നു അവരെല്ലാം ദുഃഖിച്ചു കഴിഞ്ഞാൽ തന്റെ ദുഃഖമാണെന്ന് കരുതുന്നു പക്ഷെ പരിപ്രാജികൻ ഇതൊന്നുമില്ല പരിപ്രാജികനെല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ് അപ്പൊ ഇത് ശരിയാണ് ഇത് പൂർണ്ണമായും ശരിയല്ല എന്തുകൊണ്ട് പരുപ്രവചനം എന്ന് പറയുന്നവർ മനസ്സിന്റെ അവസ്ഥയാണ് മനസ്സൊരിക്കലും സ്ഥായിരിക്ക മനസ്സിലെ സ്ഥിരമായിരിക്ക മനസ്സ് പരുപ്രവചനത്തെ സ്വീകരിക്കാൻ മനസ്സിന് എളുപ്പമുള്ള കാര്യമാണ് പക്ഷെ നമ്മള് പരിപ്രാജകന്മാരെയൊക്കെ നോക്കി മനസ്സിലാക്കുക എല്ലാം ഉപേക്ഷിച്ച ഒരു പിന്നെ ഉപേക്ഷിച്ചതിൻ്റെ പുറകെ നടക്കണം സംഗ്രാകരുടെ പഠനം ശരിയാണ് ഗൃഹസ്ഥന് എന്തായാലും സമ്പത്ത് കൂടിയേ തീരൂ അതുകൊണ്ട് സമ്പത്ത് കയ്യിൽ വെച്ചു കഴിഞ്ഞാൽ അതിലഭിമാനങ്ങളും അങ്ങോട്ടുള്ള സുഹൃത്തുക്കളെല്ലാം ഉണ്ട് പരിപ്രാജകങ്ങളോ സമ്പത്ത് ഉപേക്ഷിക്കുന്നു പറയുന്നത് ശരിയാണ് അത്രമാത്രം ശരിയാണ് എപ്പോഴാണ് അവൻ സമ്പത്ത് ഉപേക്ഷിച്ചിരിക്കുന്നപ്പോൾ അവന് അഭിമാനമില്ല അവന് സ്വാതത്വങ്ങളൊന്നുമില്ല അത് ശരിയാണ് പക്ഷെ കരുപ്രാജനം എന്തുവരും സമ്പത്തിന്റെ ആവശ്യം വരും സമ്പത്തിന്റെ ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യും അവന് സമ്പത്ത് സമ്പത്തും അതിനോടനുബന്ധിച്ച് വരുന്ന കാര്യങ്ങളെല്ലാം സ്വീകരിക്കും അവർ സ്വീകരിക്കേണ്ടി വരുമ്പോൾ സുഖ ദുഃഖങ്ങളെല്ലാം വരുന്നുകൊണ്ട് പ്രജനം മാനസികമായൊരവസ്ഥയാണ് അതൊന്നും ഒരുപോലെ ഇരിക്കാണെന്നാൾക്കാര് ധരിക്കും അങ്ങനെയൊക്കെയാണെന്ന് ആൾക്കാർ ഭാവിക്കും ഒന്ന് സത്യമല്ല പരമാർത്ഥമുണ്ട് എന്തുകൊണ്ട് മനുഷ്യന് ആവശ്യങ്ങളാണ് എല്ലാം മനുഷ്യന് ആവശ്യങ്ങളുടെ അടിമകളാണ് മനുഷ്യർ പൊതുവെ ആവശ്യം വരുമ്പോൾ സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യുന്നു അവനും സമ്പത്തെല്ലാം സ്വീകരിക്കുന്നു സമ്പത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗൃഹസ്ഥെല്ലാം പരിപ്രാരി എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു പുസ്തകത്തിയഴുതി വെച്ചതുപോലല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു എന്തുകൊണ്ട് മനസ്സങ്ങനെയാണ് ഇനി അഭിമാനമില്ലാതിരിക്കുന്നത് സമ്പത്തുകൊണ്ടുള്ള സുഹൃത്വങ്ങൾ വരുന്നതിന് ഒരാൾക്ക് ചെറിയ ഡിപ്രഷൻ വന്നാണ് അയാൾക്ക് ഒന്നിനോടും താല്പര്യമില്ലാതിരിക്കും അതൊന്നും സുഹൃത്വത്തെ ഉണ്ടാക്കത്തില്ല ഡിമൻഷ്യ വന്നുകഴിഞ്ഞാൽ അഭിമാന നിയമമായിട്ടുള്ള സുഹൃത്തുക്കങ്ങളൊന്നും ഉണ്ടാകത്തില്ല മനസ്സിന് മരവി അതൊന്നും അല്ല ഇവിടെ പറയുന്ന എന്താണ് പരിവ്രജനമാണ് പരിവ്രജനമെന്ന് വെച്ചാൽ അത് സ്ഥായിയായി നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം മനസ്സിന് സ്ഥിരമായ സ്ഥായിയായ ഒരു സ്വഭാവ മനസ്സങ്ങനെ മനസ്സെന്ന് പറയുന്ന ജലം പോലെയാണ് അതിനെ ചൂടാക്കാനും പറ്റും തണുപ്പിക്കാനും പറ്റും ചൂടിനെയും തണുപ്പിനെയും സംബന്ധിച്ചിടത്തോളം എന്താണ് ജലത്തിന് ഒരു സ്ഥിര സ്വഭാവമുണ്ട് ഇതൊക്കെ ചൂടായി കഴിഞ്ഞാൽ അത് തിളച്ചുണ്ടി അതിനെന്താ ചൂടാക്കുന്നത് പ്രകൃതി അതിനെ തണുപ്പിക്കുന്ന എന്താണ് അതും പ്രകൃതി എന്താ രണ്ടും മനസ്സിനെ പ്രകൃതിയെല്ലാം ചൂടാക്കി തണുപ്പിക്കുകയും അപ്പൊ മനസ്സ് അങ്ങനെ ഒരിക്കലും സ്ഥായിരിക്കും മനസ്സൊള്ളെടുക്കുമോ എന്നാലും അതിനൊരു സത്യമാണ് മനസ്സില്ലാതെ സുഷുപ്തിയിലേക്ക് പോകണം ഗാഠിലേക്കും അവിടെ പോയാളൊക്കെ ഉദ്ധരിച്ചെന്ന് കഴിഞ്ഞാല് അവിടക്കെല്ലാം മനസ്സില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഇത് നമ്മളറിയുന്നത് മനസ്സില്ല നമുക്ക് അറിവ് തട്ടണ മനസ്സില്ല പക്ഷെ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്ന ഇപ്പോ വ്യാഗ്രഹ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ മനസ്സിന് ആരും ശരിക്കും ഇതുവരെ മനസ്സിലാക്കുക പിന്നെ എല്ലാവരും അവനവൻ്റെ മനസ്സിനെയും അവനവന്റെ അനുഭവങ്ങളെയും വെച്ച് എല്ലാവരും എന്തെങ്കിലും ശാസ്ത്രം കഴിഞ്ഞു കൊറേ അവിടെ നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ വിവേകത്തെ ഉപയോഗിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് സ്വന്തം വിവേകത്തെ ഉപയോഗിക്കണം അപ്പൊ അതിലൊന്നും എന്താണത് അമിതപ്രതീക്ഷകൾ അതിരുകിടന്ന ആത്മവിശ്വാസമൊന്നും ഒരിക്കലും നല്ല അതും ആരും സഹായിക്കത്തില്ല പിന്നെ ഇതിനേക്കെങ്ങനെ സമീപിക്കണം തികഞ്ഞ് തികഞ്ഞ് യാഥാർത്ഥ്യ യാഥാർത്ഥ്യ ഇന്നതാണെന്നുള്ളത് മനസ്സിലാക്കി അതിനംഗീകരിച്ച് മനുഷ്യന് മുന്നോട്ട് അങ്ങനെയാണെങ്കിൽ വിഭ്രാന്തികളൊന്നും ചെന്ന് പഠത്തില്ല വ്യാപങ്ങളിൽ മുമ്പോട്ട് പോകാൻ യാഥാർത്ഥ്യബോധത്തിലുള്ള പോ അതുകൊണ്ട് അവിടെയും എന്ത് വേണം പറയുന്നു തപസ്സായാലും ശരി ഒരു വിവേകത്തിൽ അത്തരമൊരു സന്യാസി പ്രോത്സാഹിപ്പിക്കുന്ന ശങ്കര എല്ലാ നിലപാടുകളവിടെ യോഗിക്കുന്നത് ശരിയാണ് അവിടെ ഒരു മനുഷ്യനെന്ത് ചെയ്യുക ആത്യന്തികമായി സ്വന്തം വിവേകത്തെ ഉപയോഗിക്കുക ആ വിവേകത്തിനനുസരിച്ച് വിവേകം അങ്ങനെയാണെങ്കിൽ വിവേകം ഒരാൾക്ക് അങ്ങനെ പൂർണമായി ആർജിക്കാൻ കഴിയുമ്പോൾ പൂർണത ഒന്നിനും പ്രതീക്ഷിക്കരുത് ഒന്നിനും പൂർണ്ണത എന്നതിനോ കേവലം ഭാവന മാത്രം സങ്കല്പം മാത്രം ലോകത്തോടൊന്നിനും തന്നെ പൂർണ്ണതയില്ല പൂർണ്ണ എന്ന് പറയുന്ന ബ്രഹ്മത്തെ അത് മനസ്സിനും ബാക്കിലും അതീതമായിരിക്കും നമ്മൾ അറിയുന്നതൊക്കെ പൂർണ്ണമായി നേടുക അത് സാധിക്കുന്ന പിന്നെ ശ്രമസാധ്യമായ കാര്യങ്ങൾ തൻ്റെ പരിശ്രമം കൊണ്ട് തനിക്ക് നേടാമെന്നുള്ള പരിമിതമായ കാര്യങ്ങൾ വിവേകമെന്ന് പറയുന്ന അത്രേ ഉള്ളൂ അങ്ങനെയുള്ള വിവേക തപസ് പിന്നെ ശ്രുതി ശ്രുതി പഴയ കാലത്ത് വളരെ പ്രാമാണികമായി വന്ന ശ്രുതി അവരുടെ ശുദ്ധിയെന്ന് പറയുന്നത് പ്രധാനമായും ഉപനിഷത്തുകളാണ് അതിൽ നിന്ന് നേടുന്ന അറിവ് അവിടെയും സ്വന്തം വിവേകത്തെ ഉപയോഗിക്കണം എന്നാണ് ഓരോരുത്തരും അവരുടെ വിവേകത്തെ ഉപയോഗിക്കുന്നു ദർശനങ്ങൾ ഇത്രയും വൈചിത്രയും വൈരുദ്ധ്യവും വരും നോക്കുക ശ്രുതി മുഴുവൻ ശ്രുതിയെയും ഉപനിഷത്തുകളെയും പ്രധാനപ്പെട്ട എല്ലാത്തെയും കൊടുത്ത് വളരെ ചിന്തിച്ച് ശങ്കരാചാര്യൊരു സിദ്ധാന്തം ഉണ്ടാക്കി അദ്ദേഹം അവിടെ എന്തിനെയാണ് ആശ്രയിച്ചത് അങ്ങനെ ഒരു സിദ്ധാന്തത്തെ രൂപീകരിക്കുന്നതിന് ശങ്കരാചാര്യ ആശ്രയിച്ചത് സ്വന്തം വിവേകത്തെ സ്വന്തം വിവേകം അങ്ങനെ ഒരു സിദ്ധാന്തത്തെ ഉണ്ടാക്കിയെടുത്തത് അല്ലാതെ ശ്രുതിക്കാർക്കൊന്നും കുഴിച്ചമെന്നുണ്ട് എങ്ങനെയാണ് ഈ പ്രകൃതിയെ നമ്മൾ നോക്കുന്നു ഒരു കവിയും നോക്കുന്നു ഈ കവി ഈ പ്രകൃതിയിൽ ഒരു കവിത കവിക്ക് കണ്ടെത്താമല്ലോ ഒരു ചിത്രകാരൻ പ്രകൃതിയെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചിത്രത്തെ അവിടെ കാണാൻ നമുക്കത് കാണാൻ പറ്റത്തില്ല അപ്പൊ കവിതയും ചിത്രവും എല്ലാം നിർമ്മിക്കുന്നവന്റെ വിവേകമാണ് ശ്രുതിയിൽ കണ്ട അത്വേകം എന്ന് പറയുന്നത് അത് എഴുതിയാളുടെ വിവേകമാണ് അത് എഴുതിയാളുടെ വിവേകമായതുകൊണ്ടാണ് ഈ ശ്രുതി നിന്ന് കിട്ടുന്ന വിവേകം പലതരത്തിലായി പോകുന്നു ആ വിവേകമല്ലോ രാമാനുജനുണ്ടായത് മാധ്യനുണ്ടായത് ആ വിവേകമല്ലോ എന്തുകൊണ്ട് സ്വവിവേകമാണ് അവരവരുടെ വിവേകമാണ് എന്നും പറഞ്ഞ പലർക്കും മനസ്സിലാകും അതിനു മനസ്സിലാക്കുന്നതിനുള്ള വിവേകം വിവേകമെന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും മറ്റേതേക്കാളും പ്രധാനപ്പെട്ട ആളാണ് എന്ത് വിവേകം സ്വവിവേകം അപ്പോ ഇതൊക്കെ പ്രകൃതിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കണ്ടെത്തുന്ന ഒരു വിവേകമാണ്വന്റെ ഉള്ളിലുണ്ടത് ആ വിവേകമാണ് അതിനെ കണ്ടെത്തുന്നത് ആ വിവേകത്തിന്റെ സൃഷ്ടിയാണത് പ്രകൃതിയിൽ അത് ആരോപിക്കുക എന്താണ് സ്വന്തം വിവേകത്തിന്റെ സൃഷ്ടിയാണ് ശ്രുതിയിൽ അതിനെ ആരോപിക്കുകയാണ് എന്തൊക്കെയാണ് രാമാനുജാചാര്യന് മനസ്സിലായത് സ്വന്തം വിവേകത്തിന്റെ സൃഷ്ടിയാണ് അതിനെതി ശ്രുതിയിൽ ആരോപിക്കുന്ന ഇതാണ് ശ്രുതിയുടെ സാരം എന്ന് പറയുന്നത് അതുകൊണ്ട് ശ്രുതിയെ സമീപിക്കുമ്പോഴും എന്ത് വേണം സ്വന്തം വിവേകത്തെ അതിനാണോ പ്രാധാന്യം അപ്പൊ ഇതിനെല്ലാം അധികാരിയായി തരികന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ശരിയായ രീതിയിൽ മനസ്സിലാക്കുക ശരിയായ രീതിയിലെന്ന് വെച്ചാൽ അവനവന് യോജിച്ച രീതിയിൽ അവനവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നൊക്കെ പറയുന്നത് തന്റെ ഉള്ളിൽ ഇരിക്കുന്ന തന്റെ മനസ്സിനനുസരിച്ചിട്ടാണ് തന്റെ ഒരു വിവേകമനുസരിച്ചിട്ട് തന്റെ ബോധം അനുസരിച്ചിട്ടാണ് അല്ലാതെ കേവലമായ അനുകരണങ്ങളോ കേവലമായ വൈകാരികമായ എടുത്തുചാട്ടങ്ങളൊന്നും അതുകൊണ്ട് ഇതെന്നുള്ള അധികാരിയായിരിക്കുന്ന ഭാഗകമായിരിക്കുന്നത് എന്താണ് അവനവന്റെ വിവേകമാണ് വിവേകമുള്ളവൻ നേരത്തെ അധികാരി എല്ലാ സ്വന്തം വിവേകത്തിനനുസരിച്ചു ചില ഇക്കാര്യങ്ങളൊന്നും ആവർത്തിച്ചിട്ടില്ല ഉദാഹരണം പറയുന്നത് വിവേകത്തിന്റെ പ്രാധാന്യത്തെ ഒരു ഉപമയിലൂടെ പറയും ഭൂഷണാകാരവും ഭാസ്കര തേജസ്വാസ്ത്രം തേജസ് പലതരത്തിലുണ്ട് തേജസ് എന്ന് പറയുന്ന ഭൗതികമായ പദാർത്ഥത്തിന്റെ അംശങ്ങൾ പെടുന്നതാണ് നമ്മൾ ഭൂമിയിൽ കാണുന്ന അഗ്നിയും ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളും എല്ലാം പക്ഷെ അതിൽ ൂഷണാഘാതവും അല ഇതിനെല്ലാം അവർ അലങ്കാരമായി ശോഭിക്കുന്ന എന്താണ് അതാണ് ഭാസ്കര എല്ലാ തേജസ്സുകൾക്കും അലങ്കാരമായിരിക്കുന്ന പുറത്തുനോക്കിയ കാണുന്ന എല്ലാ വെളിച്ചങ്ങൾക്കും വെളിച്ചമായിരിക്കുന്നതാണ് സൂര്യൻ അതുപോലെയാണ് ഈ പറയുന്ന എല്ലാത്തിനും വികാസത്തിന് ജ്ഞാനത്തിന് തപസ്സിന് ശ്രുതിക്ക് എല്ലാത്തിനും വെളിച്ചമായിരിക്കുന്ന അവനവന്റെ ഉള്ളിലിരിക്കുന്ന തിരിച്ചറിവാണ് വിവേകമെന്ന് പറഞ്ഞാൽ വേറെ വലിയ ഭാവനയിലൊന്നും പോകണം സ്വന്തം തിരിച്ചറിവ് സ്വന്തം തിരിച്ചറിവുകൾക്കനുസരിച്ച് എല്ലാത്തിനെയും സ്വീകരിക്കുക സ്വന്തം തിരിച്ചറിവ് അനുസരിച്ച് ജീവിക്കുക അതാണ് ഈ പറയുന്നതിന്റെ ചുക്ക് അത് എവിടെ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ള മറ്റൊരു കാര്യം അതിനെക്കുറിച്ചല്ലേ ഞാൻ പറയും അത്യന്തികമായ തന്നെ സംഭവിക്കാം അവനാണ് എല്ലാത്തിനും അധികാരിയായി പ്രജ്ഞാബ് അച്ചേതസ അതിഷ്ഠാവരതാം അമ്പു പക്ഷേ ഇതെന്തുകൊണ്ട് മനുഷ്യന് സംഭവിക്കുന്നില്ല മനുഷ്യന് അനുകരണ ഭ്രമം വലുതായിട്ടുണ്ട് നമുക്ക് വലുതാണെന്ന് തോന്നുന്നതിനെല്ലാം മനുഷ്യാണ് അനുകരിക്കുന്നത് എവിടെയാണോ അനുകരണമുള്ളത് അവിടെയെങ്കിലും ജീവകും പ്രവർത്തിക്കുന്നത് അന്ധമായ നമുക്കറിയാം കൃത്രിമ ആർട്ടിഫിഷ്യലായ സാധനങ്ങളും മാർക്കറ്റിൽ കിട്ടും ഒറിജിനലും കിട്ടും ഏതാണോ കൃത്രിമം ആയ സാധനം ആർട്ടിഫിഷ്യൽ ആയിരിക്കും അത് അതിന് പ്രയോഗം അതിന് ചിലപ്പോൾ മൂല്യം കൂടുതലായിരിക്കും പക്ഷെ ഒറിജിനൽ കമ്പനി സാധനമാണെങ്കിൽ അത് ഗുണം ചെയ്യും മറ്റേ ചിലപ്പോൾ ദോഷം അപ്പൊ അനുകരണവും മനുഷ്യരുടെ മനസ്സിൽ വരുന്നത് കൃത്രിമമാണ് അവര് വലുതെന്ന് അനുകരിക്കുക അതിന്റെ പിറകെ പുറത്തുക അപ്പോ കുറെ മനുഷ്യർ അങ്ങനെയാണ് അവർക്ക് അനുകരിച്ച് ജീവിക്കാനേ കഴിയും എല്ലാം നമ്മൾ അനുകരിക്കും നമ്മുടെ വിശ്വാസ ആചാരം മതം രാഷ്ട്രീയം എല്ലായിടത്തും മനുഷ്യൻ അനുകരണമാണ് ചെയ്യുന്നത് വിവേക ശൂന്യതയാണ് ഒരാള് പറയുന്നു എന്താണ് വളരെ അഭിമാനങ്ങളോടുകൂടി പറയുക ഞാനൊരു ഇന്ത്യക്കാരനാണ് പറയുന്നത് എന്തുകൊണ്ടാണ് പറയേണ്ടത് ഇവിടെ ജനിച്ചതാണ് നിങ്ങൾ അമേരിക്കയിലാണ് ജനിച്ചതെങ്കിൽ അത് പറയാൻ പറ്റും എന്തുകൊണ്ടാണ് ഇവിടെ ജനിച്ചത് നമ്മുടെ തെരഞ്ഞെടുപ്പല്ല ഇന്ത്യയിൽ ജനിച്ചിട്ട് ഞാൻ തെരഞ്ഞെടുപ്പ് കാര്യമല്ല അങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു നമ്മൾ ഇന്നുവരെ മനുഷ്യർ പടിയെത്തി സംഭവിച്ചു മാത്രമാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നു ഒരാള് പറയുന്നു എന്നോട് പറഞ്ഞു ഞാൻ ഇന്ത്യക്കാരനാണ് ന്യൂ ഇന്ത്യക്കാരനാണോ ഇന്ത്യക്കാരൻ എന്നുള്ള അഭിമാനത്തില് ഇതിങ്ങനെയുള്ള എങ്ങനെയോ ഇവിടെ ജനിച്ചു പോയിരുന്നു വേറെടുത്തോ ആളെ ജനിച്ചിരുന്നെങ്കിൽ ഇപ്പം വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞത് ഞാൻ അമേരിക്ക അനുകാരണമൊന്നും അവിടെ വിവേകം ഉപയോഗിക്കുന്നു മനുഷ്യനാണ് എല്ലാവരും ഇന്നിപ്പോ മനുഷ്യന്റെ അറിയില്ല ഈ മനുഷ്യനെന്ന് ഒരു ജീവി വർഗത്തിൽ വാസയോഗ്യമായിട്ടുള്ള ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ ഭൂമി മനുഷ്യൻ കണ്ടെത്തിയ പ്രപഞ്ചത്തിൽ ഒരിടത്തും മനുഷ്യന് വാസയോഗ്യമായ ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആകെ കണ്ടെത്തിയത് ഈ ഭൂമിയാണ് ഈ ഭൂമിയിൽ നിന്ന് നമ്മളെവിടെയും ജനിക്കും ദ്രുവങ്ങളിൽ ഇന്ത്യയിൽ ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണ് എല്ലായിടത്തും തുല്യമാണ് ഏത് മണ്ണിലും ഒരാൾ ജനിക്കാം അത് പ്രത്യേകിച്ചൊരു പ്രദേശത്തിന്റെ പേരിൽ അഭിമാനിക്കേണ്ട യാതൊരു കാര്യവും കാരണം എന്താണ് നമ്മൾ ഏത് ദേശത്തേക്കും ഫിറ്റായ ഒരാളാണ് പക്ഷെ അത് ഇതിനകത്ത് നടക്കും പുറത്തുപറ്റും അപ്പം മനുഷ്യൻ കുറിച്ചൊരു വിശാലമായി ചെല്ലും അതിരുകൻ ജന്മിക്കും ശരി ഞാനിവിടെ ജനിച്ചുപോയി പക്ഷെ എനിക്ക് ജീവിക്കാൻ വേണ്ടി സ്ഥലത്തിൽ ഇവിടെ പോയേണ്ടി വരും ഈ രാജ ഈ പറയുന്ന അതിർത്തിയെ തുടർ അവിടെ പോയി ജീവിക്കേണ്ടി വരും അവിടത്തെ സമ്പത്തിനെ ആശ്രയിക്കേണ്ടി വരും അവിടുത്തെ മനുഷ്യനെ ആശ്രയിക്കേണ്ടി അവിടെ പോയിരുന്നിട്ട് ഞാൻ ഈ ദേശക്കാരനാണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രയോഗം അവിടത്തെ വിഭവങ്ങളെ ഞാൻ ആശ്രയിച്ച് പിന്നെ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ് മനുഷ്യന് അങ്ങനെ ഇവിടെ തനിക്ക് മണ്ണും അതിരലിന്റെ പരിമിതികൾ നിശ്ചയിക്കുന്നതിന് ഏത് മണ്ണിനും അവനും ഞാൻ ഹിന്ദുവാണ് അഭിമാനത്തോടു കൂടി പറയണോ ഇതെന്താ അഭിമാനിക്കാതിരിക്കും ഇവിടെ ഒരു പ്രത്യേക മാതാപിതാക്കളുടെ സന്താനമായി ജനിച്ചോണ്ടാണ് ഈ അഭിമാനം അവിടെ അടുത്ത വീട്ടില് തലസ്ഥ ഹിന്ദുവായിരുന്നെ താമസിക്കുന്നത് അവിടെയാണ് ജനിച്ചത് അഭിമാനിക്കാൻ എന്താ അഭിമാനിക്കും ക്രിസ്ത്യാനിന്ന് അഭിമാനിക്കും മുസ്ലിം എന്ന് അഭിമാനിക്കും ഇത് യാദർച്ഛമായി സംഭവിച്ചൊരു കാര്യമാണ് നമുക്കറിയില്ല എങ്ങനെയാണ് ഹിന്ദുവായിരുന്നോ ക്രിസ്ത്യാനി ആയിരുന്നു ായോ ഇതെല്ലാം എന്താണോ ചിന്താപരമായ ആചാരപരമായ അതിരുകൾ മനുഷ്യൻ്റെ അവനവന് സ്വയം ഉണ്ടാക്കി വയ്ക്കുന്നതാണ് ഇത് കേവലം അനുകരണം മാത്രമാണ് ഇതിനൊന്ന് പ്രത്യേകിച്ച് ഇയാൾ അർത്ഥശൂന്യമായ കാര്യങ്ങളാണ് അവന് അവന്റെ അവന്റെ വിവേകത്തിന് വേദി കെട്ടുമ്പോഴാണ് ഇത്തരം പരിമിതി കളിക്കുന്നത് എന്റെ അഭിപ്രായമാണ് ഞാൻ അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല ഇപ്പൊ മറ്റുള്ളവർ പറയുന്നതുകൊണ്ട് മാതാകലാകർ പറയുന്നു ഇന്നാരാണ് അതുകൊണ്ട് ഞാനും പറയുന്നു ഞാൻ ഇന്നാരാണ് ഈ പറയുന്നതിന് എന്താ അർത്ഥമാണ് അടുത്ത വരുന്ന ആളി പറയാം ഞാൻ പഠിച്ചു വന്നിട്ട് പറഞ്ഞ ഞാൻ ഇന്നാരാണ് ഇങ്ങനെ ഉള്ള പരിമിതികൾ സ്വയം സൃഷ്ടിച്ചിട്ട് വളരെ സങ്കുചിതമായ ഒരു മനോഭാവത്തോടുകൂടി മനുഷ്യൻ ജീവിക്കുന്നതിന് ഇവിടെ പറയുന്നതാണ് എന്താണ് പ്രജ്ഞാമാക്കി പ്രജ്ഞ എന്ന് പറയുന്നത് എന്താണ് നവ നവഉ ഉന്മേഷ പ്രജ്ഞ എന്ന് പറയുന്നത് പുതിയ പുതിയ അറിവുകൾ തേടിക്കൊണ്ടിരിക്കുന്നതിനാണ് പ്രജ്ഞ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അറിവിൽ നമ്മൾ പ്രജ്ഞ ഉറച്ചുപോയി അതിന് പ്രജ്ഞാ മാന്ദ്യം എന്ന് പറയും മൂഢബുദ്ധി എന്നുള്ള പറയും അപ്പോൾ പ്രജ്ഞാ മാന്ദ്യം കൊണ്ടാണ് നമ്മൾ നമുക്ക് തന്നെ ഓരോ പരിമിതികൾ സൃഷ്ടിച്ചിട്ട് നമ്മളെ സങ്കോചിപ്പിക്കുന്നതുകൊണ്ട് പറയും ഒരു മനുഷ്യനങ്ങനെ സംഭവിക്കേണ്ട കാര്യമില്ല കാരണം ഇത്തരത്തിൽ ചിന്തിക്കാനുള്ള വിവേകം മനുഷ്യന് മാത്രമേ ഉള്ളൂ പക്ഷെ മൃഗാദികൾക്ക് വിവേകമുള്ളൂ പക്ഷേ അത് അവരുടെ അതിജീവനത്തിന് ഉപകരിക്കുന്ന വിവേകം അത്രയുണ്ട് മനുഷ്യനങ്ങനെയല്ല അവന് അതിരുവിട്ട് ചിന്തിക്കുന്ന പ്രജ്ഞയുണ്ട് വിവേകമുണ്ട് അപ്പൊ അവൻ ഒരിക്കലും എന്താണോ അവന് സങ്കുചിതമായ ചിന്തകളൊന്നും പരിഹരിതപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല അവന് ഒന്നിനും തന്നെ തന്നെ ബന്ധിക്കേണ്ട തളച്ചിടേണ്ട യാതൊരു ആവശ്യമില്ല മനുഷ്യന് മാത്രമാണ് അങ്ങനെ ഒരു സ്വതന്ത്ര പ്രകൃതിയോ സ്വതന്ത്രമായൊരു മനസ്സൊക്കെ അവന് ഒരു തരത്തിലുള്ള അതിരുകളും ഇല്ലാതെ ജീവിക്കാം സ്വയം സൃഷ്ടിക്കുന്ന ആളുകളിൽ തന്നെ ഉണ്ടാകുന്ന മനുഷ്യൻ പ്രാണിയിൽ തന്നതിന് ശേഷി കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ ഏറ്റവും മുഖ്യമായ ഇത് ഉണ്ടാകുകയും അവരുടെ ജീവനമുണ്ട് മനുഷ്യൻ വരുന്ന ഈ പ്രാണിക്ക് അങ്ങനെയല്ല അതിനത്ര അവരെന്താണ് ഒരുപാട് വിഷയങ്ങളുണ്ട് കലകളും സാഹിത്യവും സംഗീതമുണ്ട് എന്തെല്ലാം വിഷയങ്ങളുണ്ട് സഹജം എന്ന് പറയുന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ പ്രജ്ഞാമാന്യം മനുഷ്യർ പിടിപെടാൻ പാടില്ല പ്രജ്ഞാമാദ്യം അചേതം ശരിയായ രീതിയിൽ ഉള്ളിൽ മനസ്സെന്ന് പറയുന്ന ഈ സാധനങ്ങൾ അതിന് വരുന്ന തകരാറുകളാണ് ഈ പ്രജ്ഞാമാന്യം വരുന്ന മൂഢത വരെ സങ്കുചത തന്നെ പരിമിതപ്പെടുത്തുന്നത് അതിന്റെ ആവശ്യമില്ല ാണ് മനസ്സില്ലാത്തവർക്കാണ് മനസ്സിൽ ശരിയായി പ്രവർത്തിക്കാത്തവർക്കാണ് വേണമെങ്കിൽ അതിന് ഒരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് എന്നും പറയാം മനസ്സിൽ അതുകൊണ്ടാണ് മനുഷ്യൻ എത്രയും സങ്കുചിതമായി ഭാന്തമായ തീവ്രമായ ചിന്തകൾക്കൊക്കെ അടിമപ്പെട്ടു പോകും പറയുന്നു ഹൃദയ വിശാലതും നഷ്ടപ്പെട്ടു പോകും സ്വയം തന്നെ അവൻ എന്ത് ചെയ്യുന്നു എന്തെങ്കിലും ഓരോ കാര്യങ്ങളെ കളച്ചിടും ദേശം വർഗം തുടങ്ങിയ പല വിഭാഗങ്ങളായിട്ട് അവനും തന്നെ ബന്ധിക്കുന്നവർക്കണം ജ്യാതി സ്ഥാപനതാവും ഖനതാവും ഉപയാകും അവന്റെ പ്രജ്ഞനീഭവിക്കുന്നു എന്നിട്ടത് പ്രജ്ഞയല്ല പ്രജ്ഞ നമ്മ നമ്മുടെ ഉന്മേഷം ഉള്ളതായിരിക്കും എപ്പോഴും പുതിയ അറിവുകൾ സ്വീകരിക്കുന്നതായിരിക്കും എന്തിനേയും കൂടുതലായും ഉൾക്കൊള്ളാൻ കഴിയുന്ന മനസ്സായി ഉൾക്കൊള്ളുന്ന മനസ്സായി തന്റെ മനസ്സെന്ന് പറയുന്നത് അപരന്മാരെ സൃഷ്ടിക്കുന്ന മനസ്സായിരിക്കും അങ്ങനെയുള്ളവരുടെ മനസ്സായിരിക്കും ശത്രുക്കളെ സൃഷ്ടിക്കുന്ന മനസ്സായി എല്ലാത്തിനും ഉപ്പൊള്ളാൻ കഴിയുന്ന മനസ്സായി ശത്രുതയില്ലാത്ത മനസ്സ് അപരന്മാരെ സൃഷ്ടിക്കാത്ത മനസ്സ് ഒരു ജലവിഭാഗത്തെ മുകളിൽ ശത്രുക്കളായി കാണുക ഒരു പ്രദേശത്ത് താമസിക്കുന്നവരുമി ശത്രുക്കളായി കാണുക അല്ലെങ്കിൽ തന്റെ അടുത്ത വീട്ടിൽ കഴിയുന്നത് അല്ലെങ്കിൽ തന്റെ ശത്രുവായി ഇങ്ങനെ ഇരുന്ന് അപരവൃത്തൽ അപരന്മാരെ സൃഷ്ടിക്കുന്ന മനസ്സ് തനിക്ക് അപരണായിട്ടില്ല ആ ഒരു അതില്ലാതെ വരുമ്പോൾ അവിടെ എന്ത് ഖനതാവുമ്പോയാകും ഖനീഭവിക്കുന്നു മനസ്സ് ആ മനസ്സിന്റെ ഖനീഭാവം എന്ന് പറയുന്നു ഖനി ഭവിക്കാൻ കട്ടിപ്പോയി മനസ്സ് ചുരുങ്ങിപ്പോകും അത് സങ്കുചിതമായി പോകുക തന്നെ ചുറ്റിപ്പറ്റി തന്റേതായ എന്തിനെങ്കിലും ചുറ്റിപ്പറ്റി മനസ്സിൽ യാതൊരു തരത്തിലുള്ള വിശാലതാണ് മനസ്സ് എന്താണ് വർഗ സൃഷ്ടിക്കുക ദേശീയമായ ശത്രുക്കളെ സൃഷ്ടിക്കുക മതപരമായ ശത്രുക്കളെ സൃഷ്ടിക്കുക ആ തീഷ്ണത മനസ്സിന്റെ തീഷ്ണതയും കൊണ്ട് ജീവിക്കുക ആ തീഷ്ണതയും സ്വയം തന്നെ എന്തുപോവുകയാണ് തന്റെ മനസ്സിൽ അന്യരെ കുറിച്ച് തീഷ്ണി ഉണ്ടാക്കി തീഷ്ണത കൊണ്ട് സ്വയം തന്നെ അവൻ ദഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇനി പറയാൻ പോകുന്നത് എന്താണ് എല്ലാം ഏകമായ ബ്രഹ്മമാണ് അപ്പൊ അതിനോട് യോജിക്കുന്നതല്ല നമ്മൾ കൊണ്ടു കിടക്കുന്ന ആശയങ്ങളൊന്നും തന്നെ നമ്മൾ ഒരുപാട് വർഗങ്ങളെ ശത്രുക്കളായി മനസ്സിൽ കൊണ്ടുകിടക്കുന്നത് അതെങ്ങനെ എല്ലാം ബ്രഹ്മമാകുമ്പോൾ ഇതൊക്കെ എല്ലാം ഒരു ഈശ്വരന്റെ സൃഷ്ടി എന്ന് പറയും നോക്കാം എന്നിട്ട് അങ്ങനെ ഒരു ഈശ്വരന്റെ സൃഷ്ടിയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഇത്രയും ശത്രുക്കളുണ്ടോ നമ്മളെതിന് നമ്മുടെ മനസ്സിൽ എത്രയേം വിദ്യ ദിവസം ഉപ്പാകും അർത്ഥശൂന്യമായ കാര്യങ്ങളാണ് അതെന്ന് പറയുന്നത് പ്രജ്ഞാമാദ്യം അചേതസാഗം ഖനതാ ഉപയാഗം അചേതസാം പ്രജ്ഞാമാദ്യം രണ്ടും ഒരു കാര്യം തന്നെ പറയും ഈ ഖനീഭവിക്കുന്നതെന്താണ് അത് തന്നെ പ്രജ്ഞമാണ് അത് ആർക്ക് സംഭവിക്കുന്നു ചെയ്ത സിദ്ധാഗ്രഹമാണ് ഉദാഹരണം പറയുന്നു അമ്പുഖലം ജലമെന്ന് പറയുന്നത് അങ്ങേയറ്റം തരളമായൊരു വസ്തുവാണ് അതിന്റെ ഒരു സുഖം എന്ന് പറയുന്ന എല്ലാത്തോടെയും ഒരുപാട് ജീവികൾ ഒരു തടസ്സമില്ലാതെ സഞ്ചരിക്കും മത്സ്യത്തിന് സഞ്ചരിക്കുന്നതിന് ജനം ഒരു തടസ്സമായി അത് സുഖമായി സഞ്ചരിക്കുന്നതിനും യോജ്യമായ ഒരു കാര്യമാണ് നമ്മുടെ മനസ്സും അതുപോലെ ആയിരിക്കുന്നത് എല്ലാ ആശയങ്ങളെയും ഉൾക്കൊള്ളാനും എല്ലാ ജീവികളെയും ഉൾക്കൊള്ളാനും എല്ലാ ദേശക്കാരും ഉൾക്കൊള്ളാനും എല്ലാ വർഗക്കാരെയും എല്ലാ മതക്കാരെയും എല്ലാ വിശ്വാസങ്ങളെയും എല്ലാത്തിനും ഉൾക്കൊള്ളാൻ പറ്റിയതായിരിക്കണം മനുഷ്യന്റെ പ്രജ്ഞ സമൂഹത്തിന് നന്മയുണ്ടാക്കുന്ന എല്ലാത്തിനും സ്വീകരിക്കാൻ പറ്റിയതായിരിക്കണം തനിക്ക് നന്മയുണ്ടാക്കുന്ന എല്ലാത്തിനെയും സ്വീകരിക്കാൻ പറ്റിയായിരിക്കും തന്റെ മനസ്സിനെ തളുപ്പിക്കുന്നതായിരിക്കും അടുത്ത കുറേ അന്തശ്രീ തളക്കാറ് ഈ മനുഷ്യൻ ഈ മറ്റു മനുഷ്യരോടുള്ള വിദ്വേഷവും ഉള്ളിൽ വെച്ചുകൊണ്ട് പ്രസവിക്കുന്ന അദ്വൈതമാണ് എല്ലാം രൂപമാണ് പക്ഷേ പറയും അവൻ വേറെ മതമാണ് അവൻ എന്റെ ശത്രുവാണ് അവനോട് ഉള്ളിൽ പക വളർത്തുകയാണ് പുറമേ പറയുന്ന അദ്വൈതമാണ് വിശ്വപ്രേമത്തെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അത് പുറമേ മാത്രമേ ഉള്ളൂ വാക്കിലേ ഉള്ളിലെന്താണ് പരമത വിദ്വേഷവും പറ്റുമല്ല അങ്ങനെയുള്ള മനുഷ്യർ ഇപ്പോൾ ഈ ജല എങ്ങനെയാണോ എല്ലാ കാര്യങ്ങൾക്കും സഞ്ചരിക്കാൻ അവസരം കൊടുക്കുന്നത് അവർ അവരുടെ മനസ്സിന് എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നിങ്ങൾ അദ്വൈതം കേട്ടിട്ട് വിശിഷ്ടാദ്വൈതം കേൾക്കുമ്പോൾ നിരാശരാവും എന്താണ് അദ്വൈതത്തെ ഉൾക്കൊള്ളാൻ പറ്റും ഇഷ്ടാദ്വീതത്തെ ഉൾക്കൊള്ളാൻ പറ്റി നമ്മൾ മനസ്സിനു പറ്റിയ എത്ര മൂഢന്മാരാണ് എന്തുകൊണ്ട് ഇത് മനസ്സിന്റെ ഒരു സ്വഭാവമാണ് അതെന്ത് ചെയ്യുന്നു സ്ഥാപനത അത് സ്ഥാപനതയെ പ്രാപിക്കുന്നു എങ്ങനെയാണോ അത്യന്തം ജലം അതെന്ത് ചെയ്യുന്നു വാഷാണതാ അത് കണ്ണുപോലെ ജഡമായി തീരുന്നു ഐസായമാണ് ജലം ജലമായിരുന്നാലേ മത്സ്യങ്ങൾക്ക് അത് സഞ്ചരിക്കാൻ പറ്റും അത് ഐസായം കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മത്സ്യം മരവിച്ച് എത്തും അതിന് പിന്നെ അവിടെ അത് പാഷാണെന്ന് വെച്ചാൽ വെട്ടിമുറിക്കാനും കഴിയത്തില്ല ജലം ഇത്രയും തെള്ളമായ വസ്തുവാണ് നല്ലൊരു ഐസആ അങ്ങനെ കോടാക്കി കൊണ്ടുപോയില്ലെന്ന് പറയപ്പെട്ടില്ല മനസ്സും അങ്ങനെ മനസ്സിന്റെ സങ്കുചിതമായ അവസ്ഥയെക്കുറിച്ചു മനസ്സ് ശരിക്കും വിശാലമാണ് അതിനെ എത്രമാത്രം വികസിക്കും അതിന് പ്രപഞ്ചാകാരമാക്ക നമ്മള് ബ്രഹ്മവാദിക്കണോ പറയുന്നത് നമ്മുടെ മനസ്സ് ബ്രഹ്മാകാരമാകും പക്ഷെ പ്രപഞ്ചാകാരമാകും അടുത്തവളെ ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷെ ഈ പറയുന്ന അദ്വൈതിയുടെ മനസ്സെന്താണ് അത് ബ്രഹ്മാകാരമാകും അത്രയും വലുതാകും തന്റെ അടുത്തിരിക്കുന്നവർ അങ്കാരത്തിനാകാൻ സാധിച്ചു അവിടെ ഒരു വിദ്വേഷം കൊണ്ടാണ് പിന്നെ മറ്റു മതക്കാരുടെയൊക്കെ കാര്യം പറയാനും അവിടെയെല്ലാം സംഭവിക്കുന്നത് പാഷാള മനസ്സ് പാറക്കല്ല പോലെ അനുഭവം പരുക്കനും ഓറച്ചും മനസ്സുകൊണ്ട് സങ്കുചിതമായിട്ടുള്ളു വിശാലത അത് അറിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല അതെങ്ങനെ അദ്വൈതം കൊണ്ട് വിശാലും ഒരിക്കലും വലിയൊരു വിഭ്രാന്തിയായിട്ടില്ല അദ്വൈതത്തിന്റെ ആചാര്യനായ ശങ്കരാചാര്യർക്ക് വിശാലത ഉണ്ടായിട്ടില്ല പിന്നെയുള്ള ബാക്കിയുള്ള അദ്വൈതത്തിന് വിശാലത അദ്വൈതമെന്ന് പറയുന്ന ആശയം ശരിയാണ് പക്ഷെ നിങ്ങൾ അദ്വൈതി ആയി എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സ് വിചാരിത വരണമെന്ന് അതാണ് വ്യത്യാസം അദ്വൈതത്തിൽ വിചാരിത അദ്വൈതിക്ക് അത് സംഗ്രഹം വലിയ വലിയ ആശയങ്ങളൊക്കെ പറയും പക്ഷെ നമ്മുടെ മനസ്സ് അല്ലെന്ന് പറഞ്ഞു തന്നെ പറയും സഹജീവിയെ ശത്രുവായി കാണാത്ത മനസ്സ് എന്ന് എഴുതി വെക്കുന്നത് എന്താണ് അദ്വൈതം എന്താണ് അപ്പൊ അദ്വൈതത്തിന്റെ ന്യൂനതയല്ല അത് അദ്വൈതീടെ ന്യൂനതയാണ് അദ്വൈതത്തിന് ന്യൂനതയുണ്ടെന്ന് ഞാൻ ആ ഒരു ആശയത്തിന്യൂനതയുണ്ടെന്ന് ഞാൻ പറയാ എന്തുകൊണ്ടാണ് ഈ പറയുന്ന വിശാലതയെ കുറിച്ചാണ് പറയുന്നത് ു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വർ സർവ പ്രാണികളിലിരിക്കുന്നവരാണ് പരമേശ്വരൻ എന്ന് പറയും എന്ന് പറഞ്ഞിട്ട് അദ്വൈതി എങ്ങനെ വ്യാഖ്യാനിക്കൂ ആ പ്രാണികളുടെ ഉള്ളിലിരിക്കുന്ന പരമേശ്വരൻ സമനാണോ വൈഷമ്യരഹിതനാണോ ഏകരൂപത്തിലിരിക്കുന്നവനാണെങ്കിലും ആ പ്രാണികളോരോന്നും വേറെ വേറെയാണ് ഇതാണ് അദ്വൈതീ അദ്വൈതത്തിൽ വൈഷമ്യത്തെ ഉണ്ടാകുന്നത് എല്ലാ പ്രാണികളുടെ ഉള്ളിലും ഒരേ ആണ് എല്ലാ പ്രാണികളും ഒരുപോലെ പിന്നെ അവിടെ എന്തിനാണ് വൈഷമ്യത്തെ കൊണ്ടുവരുന്നത് അപ്പൊ സാധ്യമായടത്തോളം കൂടെ പറയേണ്ടി വരും അദ്വൈതം കൊണ്ട് സാധ്യമായതോളം വൈഷമ്യത്തെ അല്ലാതെ അദ്ദേഹം കൊണ്ട് സാധ്യമായടത്തോളം വൈഷമ്യത്തെ കൊണ്ടുവരിക എന്നുണ്ടായിരുന്നു അദ്വൈതം കൊണ്ട് സാധ്യമായടത്തോളം ഉള്ള വൈ ഏതിനും എന്താണ് മനുഷ്യ സാധ്യമായിട്ട് ചെയ്യാൻ പറ്റും മനുഷ്യസാധ്യമായ വൈഷമ്യങ്ങളെ അദ്ദേഹത്തെ കൊണ്ട് തുടങ്ങിയ അദ്വൈതം കൊണ്ട് സാധ്യമായ വൈഷമ്യങ്ങളെയൊക്കെ നിലനിർത്തുക അത് ശരിയാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പറയുന്നത് ജാതി സാവലതാവുമ്പോൾ ജലം സ്ഥിരമായി പോകും കട്ടിപിടിച്ചു പോകും പാഷാണെന്നാണ് അതിന്റെ ജടത്ത കൊണ്ട് അത് പാഷാണം പോലെയാവും ഇതുപോലായിത്തേനും മനസ്സ് മനസ്സിന് ശരിയായ ഒരു വിശാലത വന്നില്ലെങ്കിൽ പലതരത്തിലുള്ള സങ്കുചിതത്വം ജാഠ്യത മനസ്സിൽ ശങ്കരായത്വം എന്ന് പറഞ്ഞു എനിക്ക് പറയുന്നേ ഒരുത്തിനും തേടിയ സത്യം എന്താണോ എന്ന് വിളിച്ചു പറയും ചാവുന്നതിനൊന്നും ആ ഒരു കാര്യം ചെയ്യും അങ്ങനെയുള്ള സങ്കുചിതമായ ആശയങ്ങൾ മനസ്സിൽ കൊണ്ടു വളർത്താനോ പ്രചരിപ്പിക്കാനോ പാടും അങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്തു ചെയ്യും ഇത്തരം ആശയങ്ങളുമുണ്ട് നമ്മുടെ മനസ്സ് പാഷാണോ പാറയ സ്ഥാപനമായി മനസ്സ് എങ്ങനെയാതിന് കഴിയും കഴിയും കാരണം മനസ്സ് ജലം പോലെയാണ് ജലം തളിച്ചു കഴിഞ്ഞാൽ അത് പാഷാണോ പാറയാണ് ഹിമാലയത്തിൽ വെച്ചുള്ള നൂറ്റാണ്ടുകളാണ് ഒരു പക്ഷേ സൃഷ്ടിയുടെ ആദ്യ കാലത്തിലൊക്കെയുള്ള ഐസ് जीए। तु जीए। तु जीए। ും അതുപോലെ ഇരുന്നു ഒരു മാറ്റം വന്നിട്ടു ഇത്ര ലക്ഷം വർഷങ്ങൾ കടന്നു പോയി ഭൂമി ആയുസിനും ഒരു മാറ്റം ഇല്ല അന്നെങ്ങനെ ഇരുന്നു ഇന്നും അതുപോലെ തന്നെ ഇരുന്നു ശരിക്കും അത് ജനമാണ് പക്ഷെ അത് ജനമാകുന്നില്ല കേരളമാകുന്നില്ല അതിനകത്ത് മത്സ്യത്തിന് സഞ്ചരിക്കാൻ പറ്റില്ല അതുപോലെ സങ്കുചിതമായി പോകും അങ്ങനെ സങ്കുചിതമാകാൻ പാടില്ല അത് വിശാലമായി പ്രപഞ്ച വിശാലതെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ സാധിക്കുന്ന മനസ്സിന് മാത്രമേ ഉള്ളൂ വേറെന്തേലും സാധിക്കില്ല പ്രപഞ്ചം സ്വയം ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് വിശാലവും ഏകദേശം നാപ്പത്തിയഞ്ചു ലക്ഷം പ്രകാശ വർഷം പറയോടെ അവരും പരുന്നാള് പ്രത് അത്ര വിശാലമായ പ്രപഞ്ചത്തെ അങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സിനെ കിട്ടും പ്രപഞ്ചത്തോളം വിശാലമാകാൻ മനസ്സിനെ വരും സങ്കല്പത്തിലൂടെ അങ്ങനെയുള്ള മനസ്സിന് എന്നാണ് ദേശം മതം വേഷം ഭാഷ വർഗം ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യനുഷന് ചെയ്യുന്നു സങ്കുചരമാകും ഇത്രയും വലിയ എല്ലാം ഒന്നെന്ന് പറയുന്ന അദ്വൈതം ഉണ്ടായിട്ടു മനസ്സിന്റെ ജാഢ്യത അതാണ് മനസ്സിൽ പരിഹരിക്കേണ്ടത് അതോ പറയുക എന്നാണ് ഘനതാകി പ്രജ്ഞാമാദ്യ ആ പ്രജ്ഞാമാന്തിയം തന്നെ ഘനത്തെ പ്രാപിക്കുന്നു ഘനതയെ പ്രാപിക്കുന്നു ഈ ബുദ്ധിശൂന്യത വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ചു ഒന്നും വിവേകമില്ലാത്തവൻ വിവേകമുള്ള മനസ്സില്ലാത്തവൻ അത് എന്ത് ചെയ്യുന്നു അമ്പു സ്ഥാപനതാം പാഷാണതാമ സ്ഥാപനതാം യാക്കിയ മനസ്സ് അതുപോലെ അമ്പു ഞാട്ട്യാത് പാഷാണതാമ ജലം ജഡത്ത പ്രാപിച്ച് പാഷാണതാവാണെന്ന് അതുകൊണ്ടുകൂടെ രാഘവനോ എന്ന് പറയുന്നത് വികസിതാന്തസ്ഥ അതുകൊണ്ട് തൊന്തുരാഘവരാഘവ നീ ഒരു കാര്യം ചെയ്യുന്നു എന്തെങ്കിലും സൗജന്യ ഗുണം സുജനാനാം ഭാവ സൗജന്യം സജ്ജനങ്ങളുടെ ഭാവം അപ്പൊ സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു മനസ്സിലാക്കാം വികസിതമായ അന്ധകരണമാണ് വിശാലമായ മനസ്സുകളോ അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ ഗുണം ഗുണം കൊണ്ടും ശാസ്ത്രാർത്ഥ ദൃഷ്ടി കൊണ്ടും ശാസ്ത്ര സാരത്തെക്കുറിച്ചുള്ള ബോധം കൊണ്ടും ശാസ്ത്രത്തിന്റെ സാരം ഇവിടെ പറയുന്നത് എന്താണ് അദ്വൈതമാണ് അദ്വൈനമെന്ന് പറയുന്നത് അതിൻ്റെ തിരസ്താരോടെയാണ് എല്ലാം ഉൾക്കൊള്ളുന്നതല്ല ശാസ്ത്രാർത്ഥ ദൃഷ്ടി കൊണ്ടും ശാസ്ത്ര അർത്ഥം ശാസ്ത്രസാരം അതിന്റെ ദൃഷ്ടി എന്ന് അതുകൊണ്ടും പിന്നെ സജ്ജനങ്ങളുടെ ഗുണങ്ങളും സൗജന്യം സുജനങ്ങളുടെ ഇതായ ഗുണങ്ങളെ കൊണ്ടും വികസിതാന്ത മനസ്സ് വിശാലമായ മനസ്സുള്ളവനായ എന്തിനേയും ഉൾക്കൊള്ളുന്ന സാധ്യമായടത്തോളം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന എന്തു പറയുമ്പോഴും ഏതൊരു വലിയ ആശയം പറയുമ്പോഴും കൂട്ടിച്ചേർത്തുന്ന ഒരു വാക്കു സാധ്യ എല്ലാത്തിനും പരിമിതികളോ അത് നമ്മൾ അംഗീകരിക്കും പക്ഷെ സാധ്യതകളോ സാധ്യമായടത്തോളം എന്താണ് വികസിതമായ അർത്ഥത്തോടുകൂടി സ്ഥിത പത്മയ ഉദയ എങ്ങനെയാണ് ഉദയ സൂര്യൻ കാണുമ്പോ പത്മങ്ങൾ വികസിക്കുന്നു അതുപോലെ അവന്റെ മനസ്സ് വിവേകം കൊണ്ട് ആദ്യം പറഞ്ഞ സവിവേകം എന്ന് പറഞ്ഞു ആ വിവേകം കൊണ്ട് മനസ്സെന്ത് വികസിക്കണം ാണ് പത്മ ഉ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പത്മ വികസി സ്വാഭാവികമാണ് ശരിയായ വിവേകം കൊണ്ട് മനസ്സ് വികസിക്കും അവ പറയുന്നു വിവേകമുണ്ട് പക്ഷെ മനസ്സ് വികസിക്കില്ലെന്ന് പറഞ്ഞാൽ വിവേകത്തിൽ പോരായ്മയാണ് മനസ്സിന്റെ കുഴപ്പമായിട്ടാണ് അവിടെ വിവേകത്തിൽ എവിടെ ഒരു തവരാ കൊണ്ട് അപ്പൊ വിവേകത്തിന് എന്തോ ഒരു അപൂർണത ഉണ്ട് ആ അപൂർണത കൊണ്ടാണ് വിവേകം ഉണ്ടായിട്ടും മനസ്സിന് വിശാലത വരാതെ അതാണ് സംഭവിച്ചത് അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നത് ഈ പറയുന്നത് ബ്രഹ്മം എന്നുള്ള ആശയം അതിനെക്കാളും വിശാലമായൊരു ആശയം വേണമെങ്കിൽ മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം അത്ര വിശാലമായൊരാശയാണ് പക്ഷെ അതില് ആ ബ്രഹ്മബോധത്തോടൊപ്പം തന്നെ മനുഷ്യനൊരു ബോധം കൂടിയാണ് എന്താണ് എന്താണോ ബോധം ബ്രഹ്മബോധമുണ്ടായ പലർക്കും നഷ്ടപ്പെട്ടു പോയ ശരിയായ സാമൂഹ്യബോധം ശരിയായ സമൂഹത്തെക്കുറിച്ചുള്ള ബോധവും വേണം ഇത് രണ്ടും കൂടെ ചേർന്നാൽ അത് പൂർണ്ണമാകും എന്നാ കേവലമായ ബ്രഹ്മബോധം എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള സാമൂഹ്യബോധം ഇല്ലെങ്കിൽ അത് വികസിത അന്ധക്കരണം ഇവിടെ പറഞ്ഞാൽ ജാഠ്യത സ്ഥാപിച്ച അന്ധക്കരണം സങ്കുചിതമായ അന്ധകരണമാണ് ശങ്കരാചാര്യക്കും മറ്റും പറ്റിയതാണ് ബ്രഹ്മബോധം ഉണ്ടായിരുന്നില്ല ഒരു ശരിയായ സാമൂഹ്യബോധം ഉണ്ടായിരുന്നു എന്നാണ് തയ്യാറ അങ്ങനെ വരാൻ പാടില്ല ശരിയായ ബ്രഹ്മബോധം വേണം ശരിയായ സാമൂഹ്യബോധം ഇത് രണ്ട് യോജിക്കും അതാ നമ്മൾ പറയുന്നത് എന്താണ് വികസിത അന്ധക്കരണം നീ ഇപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ എങ്ങനെയാണോ പത്മൻ പത്മം വികസിക്കുന്നത് താമരം ഇതെല്ലാം പറയുന്നത് എല്ലാം മനസ്സിന്റെ കാര്യമായിട്ടാണ് പറയുന്നത് വികസിത അന്തക്കരണം അന്ധകരണത്തിന്റെ വിലാസത്തെ കുറിച്ചാൽ പറയും മനസ്സിന്റെ വിലാസത്തെ കുറിച്ചാൽ പറയും അതാണ് വീണത് ഇമാം ജ്ഞാനകീരം സോളും അവബോധം സന്മതേ ബുദ്ധതകൽ വസ്ത്രം ജന്തു വീണാശലം യഥം ജ്ഞാനകീരം ഈ പറയുന്ന അറിവിന്റെ വാ വാക്കുകൾ അറിവ് നിറഞ്ഞ വാക്കുകൾ ശ്രോതും അത് കേൾക്കുന്നതിനും കെടർണ്ണം കേൾക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല അവ ബോദ്ധം അതിന് ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിനും കേൾക്കുന്നതിന് ചെറിയ മതി മനസ്സിലാകുന്നതിനും കുറച്ചുകൂടി ഒരു ബുദ്ധി വേണം വേണം ഒരു മനസ്സാകുന്നതിന് സന്മത നല്ല മതി നല്ലൊരു മനസ്സ് വേണം ഇതിനെ ഉൾക്കൊള്ളുന്ന ഇന്നിപ്പോ സാറിന് പറയാറുണ്ടല്ലോ പോസിറ്റീവായ മനസ്സ് അത് അർത്ഥവത്തായൊരു മനസ്സ് സാർത്ഥകമായൊരു മനസ്സോടെ വേണം ഇതൊക്കെ ഉൾക്കൊള്ളുന്ന സങ്കുചിതമായ മനസ്സുകളൊന്നു അപ്പോ പറയു രാമനോട് പറയുന്നു നീ സന്മതിയാണ് ഇവിടുത്തെ ആ കഥാപാത്രം ഇനി അങ്ങനെയുള്ള ഉടമയാണ് അതുകൊണ്ട് അറിയാം ബുദ്ധത കല വിനാസം കല്ലടം എന്ന് പറയുന്നത് എന്താണ് ഇതിനെ ഉൾക്കൊള്ളുന്നതിനുള്ള യോഗ്യതയെക്കുറിച്ച് പറയണം പശുവിന്റെ മുമ്പിൽ ചെന്ന് വീണ വായിച്ചു കഴിഞ്ഞാൽ ചെവി ഉയർത്തിപ്പെടും ഏത് സംഗീതം കേട്ടാണി ശരി എനിക്ക് വേറെ പല പ്രാണികളും എന്റെ ചെവി ഉയർത്തിപ്പെടും ശബ്ദം കേട്ടെന്ന് അധികം ശ്രദ്ധ അത് നമ്മളെപ്പോലെ തന്നെ സംഗീതം ആസ്വദിക്കുന്നുണ്ടോ അതൊന്നും എനിക്കറിയില്ല പക്ഷെ ശബ്ദത്തിന് അത് ശ്രദ്ധിക്കും അതിനുവേണ്ടിയാണ് ചെവി ഉയർത്തിപ്പിടിക്കുന്നത് പ്രാണികളുടെ പ്രത്യേകിച്ചും പശുവിനെ പോലെയുള്ള ചെവി അനക്കുന്ന പ്രാണികളും പ്രത്യേകതയായി നീ സന്നദ്ധനായിരിക്കുന്നു ഉദ്ധത കർമ്മം ചെവി ഊർപ്പിച്ചിരിക്കുകയെന്ന് മലയാളത്തിൽ പറയും നീ ചെവി ഊർപ്പിച്ചിരിക്കുകയാണ് എങ്ങനെ ഗീണസ്വനം നേത പ്രാണികൾ വീണസ്വനം മീനയുടെ മനോഹരമായ കാതുകയക്കുമ്പോൾ ഇങ്ങനെയാണോ പ്രാണികൾ പോലും ചെവി കൂട്ടി അതുപോലെ നീ എന്ത് ചെയ്യുന്നു ചെവി കുർപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിനക്ക് ഇവിടുത്തെ കഥാപാത്രത്തോട് പറയുന്നത് കേൾക്കാനും ശരിയായ രീതി മനസ്സിലാക്കാനും പറ്റിയ ഒരു ബുദ്ധി നിലപണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നിന്റെ ശ്രദ്ധ നിന്റെ ഏകാഗ്രത ഇത് കേൾക്കുന്ന ഉത്സാഹം എന്നോട് താല്പര്യം എല്ലാം കണ്ടുകൊണ്ട് പറയുകയാണ് അതിനൊക്കെയുള്ള യോഗ്യത ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തുടർന്ന് വരുന്ന ഭാഗവും ഈ കാര്യത്തിൽ പിന്നെ ഇവിടെ മനസ്സിന്റെ ഒരു വിശാലത എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞത് മനസ്സ് വിശാലമായി ജീവിതം വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതിനും സങ്കുചിതമല്ലാത്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ ഒരു തന്റെ മനസ്സ് വിശാലമായിരിക്കണം പിന്നെ അതിൻ്റെ ആ മനസ്സ് വിശാലമായിരിക്കും പറയണം ആ ഒരു ആശയത്തെ ആണെങ്കിൽ ഈ സംഘത്തിന്റെ അവസാനത്തിന്റെ അതിനെ പ്രശംസിച്ച് ഇവിടെ പറയുന്ന പ്രധാനമായ ആശയം ഇതാണ് അദ്വൈതം മനസ്സിലാക്കുന്നു മറ്റെ ദുരിതം മനസ്സിലാക്കുന്നു ലൗകികം മനസ്സിലാക്കുന്നു ആത്മീയം മനസ്സിലാക്കുന്നു ഇതിനൊന്നും വലിയ കാര്യമില്ല ഇത്തരക്കാരിലൊന്നും വലിയ വ്യത്യാസമില്ല വേണ്ടതെന്താണ് ഗുരുവന് അവന്റെ മനസ്സ് കുറച്ച് വിശാലമായി അവന്റെ മനസ്സെന്ന് പറയുന്നത് പുറം തന്ന മനസ്സായിരിക്കുന്നത് ഉൾക്കൊള്ളുന്ന മനസ്സായി അതാണ് വിശാലമായ മനസ്സെന്ന് പറയുന്നത് അവിടെ മനുഷ്യരിൽ അപരത്വം സൃഷ്ടിക്കുന്ന മനസ്സായില്ലേ അതിനാണ് ശരിക്കും ശരിയായ അർത്ഥത്തിൽ സർവാത്മഭാവം ശങ്കരോഗിക്കുന്ന വാക്കി സർവാത്മഭാവമാണ് പക്ഷെ ശങ്കരകാര്ക്ക് സർവാത്മഭാവചനരഹിതമായ ഒരു മനസ്സ് അതാണ് അത്ര ഒരു മനസ്സിനെ കുറിച്ച് അവിടെ പറയുക അത് അദ്വൈതം ഒരാൾ കേട്ടതുകൊണ്ടായ കൊണ്ടാവണമെന്നൊന്നുമില്ല അത് എന്താണ് സ്വവിവേകമാണ് സ്വന്തം മനസ്സിന്റെ ഒരവസ്ഥയാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എന്താണ് മനസ്സ് ഓരോരുത്തർക്കും നിർവേദയാണ് മനസ്സിനെ ആരും മനസ്സിലാക്കി അവനവന്റെ മനസ്സിനെ മനസ്സിലാക്കി ഓരോരുത്തർ എഴുതിയിരിക്കുകയാണ് പക്ഷെ മനസ്സ് വിശാലമായാലേ ഈ പറയുന്ന ഉപദേശങ്ങളെല്ലാം ഒരു വ്യക്തിയിൽ സാർത്ഥമാകത്തോ അർത്ഥവത്താത്തോ പ്രയോജനപ്രദമാകത്തോ അവന്റെ മനസ്സ് വിശാലമല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യമായി യാതൊരു പ്രയോജനം വരാൻ പോകുന്നില്ല ഇതൊക്കെ വെറും വനരോധനമായി അവസാനിക്കും കാട്ടിൽ കടന്ന് നിലവിളിക്കുമ്പോഴും